ഗ്രാമീണരിലുണ്ടായി ചിലർ അള്ളാഹു സുബഹാനഹുവറ്റായാലാവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും തങ്ങൾ ചെലവഴിക്കുന്നത് അള്ളാഹു സുബഹാനഹുവറ്റായാലാവിങ്കിൽ അടുപ്പമുണ്ടാക്കാനും റസൂലിന്റെ പ്രാർത്ഥന ലഭിക്കാനുമുള്ള മാർഗമായി കരുതുകയും ചെയ്യുന്നു തീർച്ചയായും അതവർക്ക് അല്ലാഹുവിങ്കിൽ അടുപ്പമുണ്ടാക്കുന്ന കാര്യമാണ് അള്ളാഹു സുബഹാനഹുവ റ്റായാല അവരെ തന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കും തീർച്ചയായും അള്ളാഹു സുബഹാനഹുവ ട്ടായാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്